നിങ്ങളിലെ കുട്ടികൾ പ്രായപൂർത്തിയായാൽ അവർക്കു മുമ്പുള്ളവർ അനുവാദം ചോദിച്ചതുപോലെ അവരും അനുവാദം ചോദിക്കട്ടെ അള്ളാഹുസുബാനുഭൂവായല തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കിപ്രകാരം വിശദീകരിച്ചു തരുന്നു അള്ളാഹുസുബാനുഭൂവച്ചായല എല്ലാം അറിയുന്നവരും യുക്തിമാനുമാണ്